ഇബ്രാഹീം അലിഹിസ്ലാമും യാക്കൂബ് അലിഹിസ്ലാമും തങ്ങളുടെ പുത്രന്മാരോട് ഇപ്രകാരം വസ്വിയത്ത് ചെയ്തു എന്റെ പുത്രന്മാരെ തീർച്ചയായും അള്ളാഹു സുബാനഹുവറ്റാല നിങ്ങൾക്ക് ഈ ദീനിനെ തെരഞ്ഞെടുത്തു അതിനാൽ നിങ്ങൾ മുസ്ലിംകളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്